തങ്ങളുടെ ഹൃദയങ്ങളിലുള്ള കാര്യങ്ങൾ അറിയിക്കുന്ന ഒരു സൂറത്ത് അവതരിക്കപ്പെടുമോ എന്ന് കപടവിശ്വാസികൾ ഭയപ്പെടുന്നു പറയുക നിങ്ങൾ പരിഹസിച്ചുകൊള്ളുക നിങ്ങൾ ഭയപ്പെടുന്ന കാര്യങ്ങൾ അള്ളാഹുസുബാനഹുവ ചാല പുറത്തു കൊണ്ടുവരുന്നതാണ്